ഒ ലാഹുസുബഹാനുഭവറ്റ ആല ആകാശങ്ങളുടെയും ഭൂമിയുടേയും പ്രകാശമാകുന്നു അവൻറെ പ്രകാശത്തിന്റെ ഉദാഹരണം ഒരു വിളക്കുമാടം പോലെയാണ് അതിലൊരു വിളക്കുണ്ട് ആ വിളക്ക് ഒരു ഗ്ലാസിനുള്ളിലാണ് ആ ഗ്ലാസ് ഒരു തിളങ്ങുന്ന നക്ഷത്രം പോലെയാണ് കിഴക്കിലോ പടിഞ്ഞാറിലോ അല്ലാത്ത ഒരു അനുഗ്രഹീത ഒലീവ് മരത്തിൽ നിന്നാണ് അതിന് ഇന്ധനം ലഭിക്കുന്നത് തീ സ്പർശിച്ചില്ലെങ്കിൽ പോലും അതിൻറെ എണ്ണ പ്രകാശിക്കാൻ തുടങ്ങും പ്രകാശത്തിന്മേൽ പ്രകാശമാണത് ഒള്ളാഹുസുബഹാനുഭവത്തെ ആല താനുദ്ദേശിക്കുന്നവർക്ക് തൻറെ പ്രകാശത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു അള്ളാഹു സുബഹാനുഹുവത്ത് ആല മനുഷ്യർക്ക് ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു അള്ളാഹു സുബഹാനഹുവത്ത് ആല എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അറിയുന്നവരാകുന്നു